അള്ളാഹുസുബഹാനുഹൂവറ്റ് ആലായുടെ അനുമതിയോടനുസരിക്കപ്പെടാൻ വേണ്ടിയല്ലാതെ നാം ഒരു ദൂതനെയും അയച്ചിട്ടില്ല അവർ തങ്ങളെത്തന്നെ ദ്രോഹിച്ചപ്പോൾ നിന്റെ അടുക്കൽ വന്ന് അള്ളാഹുസുബഹാനഹുവറ്റലായോട് പാപമോചനം തേടുകയും റസൂൽ അവർക്കായി പാപമോചനം തേടുകയും ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായും അവർ അള്ളാഹുസുബഹാനുഹുവത്ത് ആലായ പശ്ചാത്താപം സ്വീകരിക്കുന്നവരും കരുണാനിധിയുമായി കണ്ടെത്തുമായിരുന്നു